യോഗമാർഗം ജാതം തധാ ജേയം ദ്രഷ്ടർശനദൃശ്യഭൂ കേ കിയ തസ്മൈ നിത്മന ജ്ഞാതാപം ജ്ഞാനം ജ്ഞേയം ഇത് മൂന്നും ഞപ്തിയാത്മാവമാണ് ജ്ഞാനസ്വരൂപമാണ് എന്ന് പറയും ഇവിടെ അടുത്ത അതുപോലെ പറയുന്നു ദ്രഷ്ട ദർശനം ദൃശ്യഭൂ അതും ജ്ഞാനസ്വരൂപമാണ് അടുത്തു പറയുന്നു കർത്താ ഹേതു ക്രിയ ഏതും ജ്ഞാനസ്വരൂപമാണ് സർവവും ജ്ഞാനസ്വരൂപമാണ് ആ ജ്ഞാനസ്വരൂപ നമസ്കാരം നിങ്ങളാചരണമായി പറയുന്നത് ആദ്യം പറയുന്ന ജ്ഞാതാവ് ജ്ഞാനം ജ്ഞയം എന്ന് പറയുന്നത് സാമാന്യമായി അറിവിനെക്കുറിച്ച് പറയും അതിൽ അറിയുന്നവൻ സാമാന്യ ജ്ഞാനത്തെ അറിയുമ്പോൾ അറിവ് പലതരത്തിലുണ്ട് എല്ലാത്തിനെയും ചേർത്തുകൊണ്ടാണ് ഇവിടെ ജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നത് പരോക്ഷ ജ്ഞാനം അപരോക്ഷ ജ്ഞാനം അതിൽ തന്നെ പ്രത്യക്ഷാനുമില്ല ശബ്ദം അനുഭവ സ്മൃതി സവികൽപ്പർവ നിർവികൽപ്പം ലൗകികം അലൗകികം ഇങ്ങനെ നിരവധി അറിവുകളുണ്ട് എല്ല അറിവിനും ചേർത്തിട്ടാണ് ജ്ഞാനം എന്ന് പറയുന്നത് ഇതിനെല്ലാം അറിയുന്നവനായിരിക്കുന്ന ജ്ഞാത ഇത് സാമാന്യമായ ഒരറിവും സാധാരണ മനുഷ്യർക്ക് ഇത്തരം അറിവിൻ്റെ പിരിവുകളൊന്ന് അറിയാവുന്ന കാര്യമുണ്ട് ശാസ്ത്രത്തിൽ നിന്ന് മാത്രം അറിയുന്നു അങ്ങനെ ശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഇത്തരം അറിവ് അറിവുകൾ ഇതിനെല്ലാം അറിവായിരിക്കുന്നവൻ പിന്നെ ആ അറിവിൻ്റെയൊക്കെ വിഷയം ആയിരിക്കുന്നത് ഇവിടെ അറിയുന്നവൻ അറിവ് അറിവിൻ്റെ വിഷയം ഈ മൂന്നെള്ളത്തിലും യാതൊരു ഭേദമില്ല ഇവിടുത്തെ പ്രതിപാദന ശൈലി അങ്ങനെയാണ് സാറിന് നമ്മൾ അദ്വൈത പ്രക്രിയയിലൊക്കെ പഠിക്കുമ്പോൾ അറിയുന്നവന് ഇന്ന ഇന്ന രീതിയിലൊക്കെയാണ് പിന്നെ അറിയുന്ന വിഷയം ഇന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ രണ്ടിനും ബന്ധിപ്പിക്കുന്ന അറിവ് ഇന്ന രീതിയിലായിരിക്കും ഇങ്ങനെ ഇതിൻ്റെ ഭേദത്തെയാണ് സാറിന് പഠിക്കുന്നത് അതിൻ്റെ വ്യത്യാസത്തെ അറിയാൻ വേണ്ടിയുള്ള വിശദീകരണങ്ങളെയാണ് പ്രക്രിയ എന്നുള്ളത് ജ്ഞാതെന്ന് പറഞ്ഞാൽ ഇന്ന വിശേഷങ്ങളും കൂടിയായിരിക്കും ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇന്ന വിശേഷങ്ങളും കൂടിയായിരിക്കും ജ്ഞേയം അറിവിൻ്റെ വിഷയം അതിൻ്റെ ഇന്ന പ്രത്യേകതകളുള്ളതായിരിക്കും അത് ഏത് വിഷയമായാലും ശരി ഇഹ പരലോകങ്ങളിലുള്ള ഇവിടെ വിഷയം എന്ന് പറയുമ്പോൾ ഇഹലോകം മാത്രമല്ല പരലോകത്തെയും സ്വീകരിക്കും അത് വാസിഷ്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ പരലോകത്തിന് യാതൊരു ദൗർലഭ്യമുണ്ട് ദേവ യക്ഷ കിന്നര ഗന്ധർവന്മാരല്ല ഇതിലെ കഥാപാത്രങ്ങളാണ് അവർക്ക് വളരെ സുലഭമായി ഇവിടെ വന്നു പോകും അല്ല മനുഷ്യൻ എന്ന് പറയുന്ന ഒന്നിന് മാത്രം കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടല്ല ഇതിൻ്റെ പോക്ക് എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണ് ദേവന്മാർക്കും മനുഷ്യനും യക്ഷന്മാർക്കും കിന്നരന്മാർക്കും കാരണം ഇത് പൗരാണിക ശൈലിയാണ് പുരാണങ്ങളിൽ എങ്ങനെയാണോ കാര്യങ്ങളെ പ്രതിപാദനം ചെയ്യുന്നത് അതേ ഒരു ശൈലിയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് പുരാണങ്ങളിൽ ഇതൊക്കെ ധാരാളമുണ്ട് പക്ഷേ അതിൻ്റെ അരന്മാരിൽ അപ്സരസുകളും എല്ലാം ഉണ്ട് അത് തന്നെ പിടിയും വരും അപ്പോൾ ഈ എല്ലാ അറിവുകളും അറിവിൻ്റെ വിഷയവും അറിയുന്നവനും ഇതിനെ ഇങ്ങനെ മൂന്നായിട്ട് വിജയിക്കാൻ പറ്റത്തില്ല ശബ്ദങ്ങൾ കൊണ്ടിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇത് മൂന്നും ഒന്നാണ് ജപ്തി സ്വരൂപമാണ് ഇത് മൂന്നും അറിവാണ് ഇവിടെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ ഭേദങ്ങൾ മനസ്സിലാക്കി തരികയില്ല മറിച്ച് തന്നെ ഒന്നെന്ന് പറയുന്നതാണ് അതാണ് അദ്വൈതം വാസിഷ്ടത്തിൻ്റെ അദ്വൈതത്തിൻ്റെ പ്രത്യേകത അതാണ് മറ്റ് ഗ്രന്ഥങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എൻ്റെ പ്രക്രിയകളാണ് കൂടുതൽ വിശദീകരിക്കുന്നത് ഇവിടെ പ്രക്രിയകളെക്കുറിച്ച് പറയും വൃത്തിയെക്കുറിച്ചൊക്കെ പറയും ഇനി വരുന്ന ഭാഗങ്ങൾ എന്നാലും അദ്വൈതത്തിലെ പ്രസിദ്ധമായിരിക്കുന്ന വൃത്തി പ്രക്രിയയല്ല ഇവിടെ വൃത്തിക്ക് പ്രാധാന്യം കൊടുത്ത് കൊള്ള ചർച്ച മറിച്ച് തുടക്കത്തിലേക്ക് ഇവിടെ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അനുഭവത്തിൽ ഇപ്പോൾ ഇത് അനുഭവ സമ്പന്നനായ ഒരാൾ മറ്റൊരാളോട് പറയുന്നു അത് സ്വന്തം അനുഭവമായി മാറ്റുക അനുഭവമായി ഗ്രഹിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെയുള്ളൂ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി വളരെ രോചകങ്ങളായ കഥകൾ പറയുക പഴയകാലത്ത് ഇന്ന് സിനിമയുടെയും സീരിയലിൻ്റെയും കാലത്തൊന്നും ഈ കഥകൾക്കൊന്നും വലിയ പ്രാധാന്യം വരത്തില്ല പണ്ടിതൊന്നും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ ഈ കഥയ്ക്കൊക്കെയാണ് ആൾക്കാർക്ക് വലിയ മനോരഞ്ജനത്തെ ഉണ്ടാക്കുന്ന ഇത്തരം കഥകളാണ് അതുകൊണ്ട് കഥകൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു അപ്പോൾ കഥയിൽ ഒരു ആസ്വാദനം പിന്നെ ഇതൊക്കെ ഒരു അനുഭവമാണെന്നുള്ള ഇപ്പം തൻ്റെ അനുഭവം അല്ലെങ്കിലും ആരുടെയെങ്കിലും അനുഭവമാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരാനന്ദം ഇതിൻ്റെ രണ്ടിനുമാണ് ഇത് മുമ്പോട്ട് പോകും കേൾക്കുന്നവൻ ആനന്ദം ഉണ്ടാകുമോ അഥവൻ്റെ അനുഭവം ഉണ്ടാകുമെന്നുള്ള കാലം തെളിയിക്കേണ്ട കാര്യമാണ് പക്ഷേ ഇതൊരാളുടെ അനുഭവമാണെന്നറിയുമ്പോൾ അല്ലേ കേൾക്കുന്നവനൊരു സന്തോഷമുണ്ടാകും ആ രീതിയിൽ അനുഭവ രൂപത്തിൽ വിശദീകരിക്കുകയും ആണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഇവിടെ പറയുന്ന ജ്ഞാനം ജ്ഞാത ജ്ഞാത ജ്ഞാനം ജ്ഞേയം എന്ന് പറയുന്ന ഈ ഭേദത്തിൽ ഭേദത്തെല്ലാം മനസ്സിലാക്കി തരുന്നത് ഇത് ജപ്തിയാണ് ജപ്തി എന്ന് വെച്ചാൽ അറിവ് ഭാവവിത്പത്തി ആണ് ജ്ഞാവബോധന് എന്ന് വെച്ചാൽ അത് ബോധസ്വരൂപമാണ് അറിവാണ് എന്നുള്ളത് എപ്പോഴും നമ്മൾ തയ്യാറായിരുന്നോണം ഇത് തന്നെ ഇത് ആവർത്തിക്കാൻ അറിവിന്റെ സ്വരൂപമാണ് ബ്രഹ്മം എന്നും ഇവിടെ ആവർത്തിച്ച് പറയും ബ്രഹ്മം എന്നുള്ള ശബ്ദം ഇവിടെ നിർലോഭമായി ഉപയോഗിക്കും വ്യത്യാസം എന്തെന്ന് വെച്ചാൽ അവിടെ തർക്കവിതർക്കങ്ങളിലൂടെ പ്രക്രിയയിലൂടെ യുക്തി കൊണ്ട് സമർത്ഥിച്ച് അതിനെ എന്താണോ നമ്മുടെ യുക്തി ചിന്തയ്ക്ക് ബോധ്യപ്പെടുത്തുകയാണ് അവിടെ ചെയ്യുന്നത് അന്നത്തെ യുക്തിയുണ്ട് അന്നത്തെ മനുഷ്യൻ്റെ അവിടെ പ്രധാനമായും വരുന്നത് എന്താണോ ഒരു വ്യത്യാസം ഇവിടെ വരുന്ന വ്യത്യാസം ഇവിടെ ഈ ഇഹ ലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും അത്യന്തം വിരക്തമായ ഒരു മനസ്സ് ആ മനസ്സിൽ ഇതിനെ ഒരു അനുഭവമായി പകർന്നു കൊടുക്കുകയാണ് മറ്റെടുത്ത് അങ്ങനെയല്ല പ്രമാണങ്ങളിലൂടെ യുക്തികളിലൂടെ ഈ പറയുന്ന ആശയത്തെ ശാസ്ത്രസമ്മതമാക്കി അവതരിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് അവിടെ ഇത് ശ്രുദേഹി എന്ന് പറയുന്നത് പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രുതിസമ്മതമായ കാര്യമാണ് എന്ന് പറഞ്ഞ് അത് വിദ്വാൻമാരെ പണ്ഡിതന്മാരെ കൊണ്ട് അംഗീകരിപ്പിക്കാനുള്ള യത്നമാണ് അവിടെ നടക്കുന്നത് ഭാഷ്യമൊക്കെ രചിക്കുന്ന കാലത്തൊരിക്കലും ഭാഷികാരൻ വിചാരിച്ചില്ല നമ്മളെ പോലെയുള്ളവർ പറയും കേൾക്കുമെന്നും അങ്ങനൊരു സ്വപ്നമേ ഉണ്ടായിരുന്നില്ല അതൊക്കെ എഴുതിയിരിക്കുന്ന ആരെ കണ്ടുകൊണ്ടാണ് വിദ്വാൻമാരെ കണ്ടുകൊണ്ടാണ് വലിയ വിദ്വാൻമാരെ അപ്പോൾ അവർക്കത് ബോധ്യപ്പെടണം നമ്മളും അതിൻ്റെ ഇടയ്ക്ക് വെരിഞ്ഞ് കയറി എന്നുള്ളതേ ഉള്ളൂ ഇവിടെ അങ്ങനെയല്ല ഇവിടെ എന്താണ് വളരെ ഉച്ചകോടിയിലുള്ള ഒരു സാധകൻ അതിൻ്റെ പ്രധാനമായ അടയാളമായി കാണിക്കുന്ന വിവേക വൈരാഗ്യങ്ങളുള്ള ഒരു സാധനം അവന് ബോധ്യപ്പെടുത്തുക അവന് ബോധ്യപ്പെടുക അതാണ് ഇതിൻ്റെ പ്രതിപാദന ശൈലി രണ്ട് രണ്ട് രീതിയിലാണ് ചോദ്യങ്ങളിവിടെ വരുന്നു അതിനൊക്കെ മറുപടി പറയുന്നതും അനുഭവത്തിൽ എന്നും ഉണ്ട് പിന്നെ ഇവിടുത്തെ പ്രത്യേകത അതാണോ ഞാൻ പിന്നെ നമ്മൾ ഭാഷ്യത്തിൽ ചർച്ച ചെയ്തപ്പോഴൊക്കെ പറഞ്ഞു അവിടെ അനുഭവത്തിന് പ്രാധാന്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ ഓർമ്മയുണ്ടോ ഇവിടെ അങ്ങനെയല്ല ഇതിനെ വിശദീകരിക്കുന്ന അനുഭവമായിട്ട് ഇനി ഈ ചോദിക്കുന്നയാളും ഓരോ ചോദ്യത്തിനും സമാധാനമായി അതിൻ്റെ മറുപടി എന്ന് പറയുന്നത് തൻ്റെ യുക്തി കൊണ്ട് അതിനെ സ്വീകരിക്കുന്നു എന്നുള്ളതല്ല തൻ്റെ അനുഭവമായിട്ട് അതിനെ അംഗീകരിക്കുന്നു എന്നാണ് വരുന്നത് എല്ലായിടത്തും അനുഭവമായിട്ട് അതിനെ അംഗീകരിക്കുന്നു അങ്ങനെയാണ് മറ്റിടത്ത് അങ്ങനെയല്ല നമ്മുടെ യുക്തി കൊണ്ട് അതിനെ സമർത്ഥിച്ച് നമുക്ക് ബോധ്യപ്പെടുകയാണ് ഇത് രണ്ട് രണ്ട് തലത്തിലാണ് പ്രവർത്തിക്കുന്നു യുക്തിയുടെ വിചാരത്തിൻ്റെ തെളിവാണ് അവിടെ അതിന് ബോധ്യപ്പെടുക എന്ന് പറയുന്ന ഒരാവശ്യമാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ പ്രാധാന്യപ്പെടുക്കുന്ന അനുഭവത്തിന് ബോധ്യപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ പറയുന്നതാണ് ഉപദേശിക്കുന്ന വസിഷ്ഠൻ എന്താണ് തൻ്റെ അനുഭവത്തെ വിശദീകരിക്കുന്നു ശ്രോതാവായിരിക്കുന്ന രാമൻ അതിന് സ്വന്തം അനുഭവമായി സംശീകരിക്കുന്നു ഇതാണ് കണ്ടത് നമ്മുടെ വ്യത്യാസം ഇവിടുത്തെ പ്രത്യേകത അതാണ് അതിൻ്റെ എന്നാൽ ഇവിടെ വ്യാഖ്യാനത്തിൽ വരുമ്പോൾ ഇവിടെ ഇത് ഇതിൻ്റെ യത്കൃപാ ലേശമാത്രേണ തീർണോസ്വസാഗരം ശ്രീമദ് ആനന്ദബോധയതിനീമദ് ഗുരുവചോ അമൃതൈ വാസിശോയം യഥാതി വിതന്യത് ഇവരാനന്ദബോധയതി സന്യാസിയാണ് ഇത് വ്യക്തിക്കുന്ന താത്പര്യപ്രകാശ ഇദ്ദേഹം ഇത് വ്യഖ്യാനിക്കും പൂർണ്ണമായും ഈ അദ്വൈത പ്രക്രിയ അനുസരിച്ചാണ് വ്യാഖ്യാനിക്കുന്നത് അത് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനം വളരെ ലളിതമാണ് വ്യാഖ്യാനം വ്യാഖ്യാനം വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഈ അദ്വൈത പ്രക്രിയ എന്ന് പറയുന്നത് ഭാഷകാരൻ്റെ പ്രക്രിയ അല്ല കാരണം ഭാഷകാരന് ശേഷമാണ് വാസിഷ്ടം ഉണ്ടായത് വാസിഷ്ടത്തിന് ശേഷം വന്ന വിദ്യാരണി സ്വാമിയുടെയും മധുസൂദന സരസ്വതിയുടെയും പ്രക്രിയകളനുസരിച്ചാണ് വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് അപ്പൊ ആ പ്രക്രിയാപരമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വ്യാഖ്യാനം വായിച്ച മനസ്സാണ് ഞാനതിന് കൂടുതൽ ആശ്രയിക്കുന്നില്ല മൊത്തം വാശിഷ്ടത്തിൻ്റെ ഒരു ശൈലിയുണ്ട് മൊത്തം ഇതിൻ്റെ ഒരു പ്രതിപാദന ശൈലി ആ ശൈലിക്കനുസരിച്ചാണ് ഞാനത് വ്യാഖ്യാനിക്കുന്നത് വ്യാഖ്യാനത്തിൽ അങ്ങനെ കാണും ഇങ്ങനെ കാണും എന്നൊക്കെ പറയും അത് നമുക്ക് അങ്ങനെ പ്രക്രിയയിൽ താല്പര്യമുള്ളവർക്ക് അത് വായിച്ച് മനസ്സിലാക്കാം ഇവിടെ അതിന് ഇവിടുത്തെ ഉപദേശ രീതി എന്ന് പറയുന്നത് മറ്റ് മോശമൊന്നുമില്ല പറയുന്നത് അദ്വൈതത്തെ മനസ്സിലാക്കാനല്ല സഹായിക്കും അതിൽ ഒരാളുടെ അനുഭവം വേർത്തുള്ള വേരാളുടെ അനുഭവവും എപ്പോഴും ഭിന്നമായിരിക്കും അത് ശരിയാണ് പക്ഷേ ഇവിടെ അതിനെക്കുറിച്ച് നമ്മൾ വ്യവലാതിപ്പെടേണ്ട യാതൊരു കാര്യമില്ല എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഈ അനുഭവം വസിഷ്ഠനെയും രാമനെയും പോലെയുള്ളവർക്കൊക്കെ ഉണ്ടാവും ബാക്കിയുള്ളവരതിനെക്കുറിച്ച് വ്യവലാതിപ്പെടേണ്ട ഒരു കാര്യമില്ല അതൊരു പ്രശ്നമേ അല്ല ഇതിങ്ങനെ റേഷൻ കാർഡ് വെച്ച് വിതരണം ചെയ്യേണ്ട സമയം നടക്കുന്ന കാര്യമല്ല കഥൽ പ്രയാസപ്പെടല്ല അങ്ങനെയാണ് അപ്പോ ഇവിടെ പറയുന്ന എന്താണ് ഇത്രയും പറയുന്നുള്ളൂ ഞപ്തി സ്വരൂപമാണ് അനുഭവ സ്വരൂപമാണ് എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ പറയുമ്പോൾ മറ്റ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞല്ലോ ശങ്കരാദ്വൈതത്തെക്കുറിച്ച് ശരിയായി ധാരണയുള്ള ഒരാളാണ് അത് എഴുതിയിരിക്കുന്നത് അതിനൊമ്പുള്ള ബൗദ്ധ മറ്റ് എല്ലാത്തിനെക്കുറിച്ച് ബോധമുള്ള ഒരാളാണ് കാശ്മീരി ശവിസ്വത്തെക്കുറിച്ച് മികവാറും ഇവരൊക്കെ ഒരേ കാലഘട്ടത്തിൽ ജീവിക്കാനും വഴിയുണ്ട് ഇതേ കാലഘട്ടമാണ് കാശ്മീരി ശൈവിസ്വത്തിൻ്റെ നല്ല കാലം ഇതേ കാലമാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളും അതിനെക്കുറിച്ചൊക്കെ ബോധമുള്ള അപ്പോൾ അതുകൊണ്ട് ആ ഒരു ശൈലിയിൽ പറയുന്നു അപ്പോൾ ഇതെല്ലാം അറിവാണ് അറിവാണ് എന്ന് പറയുന്നത് പറയുന്ന ആളതിനെ അങ്ങനെ ിക്കുന്നു കേൾക്കുന്നാണ് അതങ്ങനെ ഗ്രഹിക്കുക എന്നുള്ള അധികാരി ഇവിടെ പറയും കൃത്യമായിട്ട് ഇവിടെ പറയുന്ന രാമനെ പോലെ വാൽമീകിയുടെ രാമനല്ല അത് നിങ്ങളിങ്ങോട്ട് കൊണ്ടുവരുന്നത് പൊളിറ്റിക്സിലുള്ള രാമനല്ല ഈ രാമൻ എന്ന് പറയുന്നവരാണ് വിവേക വൈരാഗ്യങ്ങളെല്ലാം പൂർണ്ണമായി വിരക്തനായി അതിനെ വൈരാഗ്യത്തെക്കുറിച്ചത് വർണ്ണിക്കുമ്പം നമ്മൾ മടുത്തു പോകും അത്രയും വലിയ വർണ്ണനയാണ് വൈരാഗ്യത്തോട് അപ്പോൾ യോഗ്യത എന്താണെന്നുള്ള കാര്യത്തിലൊരു സംശയമേ വരത്തില്ല യാതൊരു സംശയവും ആർക്കും വരത്തില്ല അങ്ങനെ ഉത്തമാധികാരി ആണ് കൂടെ അവതരിപ്പിക്കുന്നത് വൈരാഗ്യമാണ് ഇവിടെ പ്രധാനമായി പറയുന്നത് അപ്പോൾ ജപ്തിസ്വരൂപനാണ് അത് ആദ്യം ജ്ഞാതാവെന്ന് പറയുമ്പോൾ അന്ന് വരുന്നു ഈ ശാസ്ത്രങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്ന പലതരത്തിലുള്ള ജ്ഞാനവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്നു ആ പിരിവുകളിലെല്ലാം എന്താണ് ഒന്നേ ഉള്ളൂ ജ്ഞാനമേ ഉള്ളൂ അതിനെ പിരിക്കാൻ പറ്റത്തില്ല ജപ്തി ആത്മാ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ജപ്തി ആത്മായസ് അപ്പോൾ അദ്വൈതത്തിലൊക്കെ എന്താണ് സാധാരണ പിരിച്ചു കാണിക്കും ഇത് ജ്ഞാതാവാണ് ഇത് ജ്ഞാനമാണ് ഇത് ജ്ഞേയമാണ് നിങ്ങൾ പ്രക്രിയാഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച അതാ ചെയ്യുന്നു ഇവിടെ പിരിച്ച കാണിക്കുന്നു ഇവിടെ എങ്ങനെയാണ് ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നതിനെ ഒന്നാക്കി കാണിക്കുന്നു ആ പിരിഞ്ഞിരിക്കുന്ന എങ്ങനെ ശാസ്ത്രങ്ങളിൽ അങ്ങനെ പ്രതിപാദിച്ചിരിക്കുന്നു അതിനെ ഒന്നായിട്ട് ഇവിടെ പറയും അതാണ് ഇവിടുത്തെ പ്രത്യേകം തുടക്കത്തിലെ അങ്ങനെയാണ് അതുപോലെ തന്നെ ദ്രഷ്ട ദർശനം ദൃശ്യഭൂ ഇത് പറയുന്നത് ഇന്ദ്രിയജന്യമായ ജ്ഞാനം പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഉണ്ടാകുന്ന ജ്ഞാനം അതാണ് അതിൻ്റെ ദ്രഷ്ടാവായിരിക്കുന്നവൻ ഇന്ദ്രിയങ്ങളിലൂടെയെല്ലാം ഈ അറിവിനെ അറിവിനെ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അറിവോടുകൂടിയിരിക്കുന്നവനാണ് ദഷ്ടാവ് ജ്ഞാതാവെന്ന് പറഞ്ഞത് ഇതും തമ്മിൽ വ്യത്യാസമാണ് ഇവിടെ ആദ്യ സാമാന്യമായ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു അടുത്ത ജ്ഞാനേന്ദ്രിയങ്ങളുടെ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു പിന്നെ കർമ്മേന്ദ്രിയങ്ങളെക്കുറിച്ചുടെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നു മൂന്നായിട്ട് എന്തിനങ്ങനെ പറയുന്നു ഇതൊക്കെ ശാസ്ത്രങ്ങളിൽ അങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത് അതും അങ്ങനെ ചർച്ച ചെയ്തിട്ട് മനുഷ്യൻ്റെ മനസ്സിൽ എന്താണ് പലതരത്തിലുള്ള ജ്ഞാനങ്ങളെക്കുറിച്ചുള്ള സങ്കല്പം പഞ്ചേന്ദ്രിയജന്യമായ നാനാ തരത്തിലുള്ള ജ്ഞാനം ശബ്ദസ്പർശനവും വികസനം പ്രജ്ഞാനങ്ങളെക്കുറിച്ചുള്ള അറിവ് പിന്നെ മനുഷ്യൻ്റെ ഈ ജ്ഞാനത്തെ ആശ്രയിച്ചുള്ള പ്രവൃത്തികൾ ഇതിനെല്ലാം ഒന്നാണെന്ന് പറയുക ഇങ്ങനെയൊക്കെ മനുഷ്യൻ്റെ അനുഭവത്തിലും ശാസ്ത്രത്തിലും നാനാതരത്തിൽ ചർച്ച ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ എല്ലാം എന്താണ് ജപ്തി സ്വരൂപമാണ് എല്ലാ അറിവാണ് അപ്പോൾ ഒറ്റ വാക്കിലെ എല്ലാ അറിവെന്ന് പറഞ്ഞാൽ മനസ്സിൽ ചോദ്യം വരും എന്തിനാണ് ഈ എല്ലാം എന്ന് പറയുന്നു എല്ലാ അറിവെന്ന് അപ്പോൾ ശാസ്ത്രങ്ങൾ വിശദീകരിച്ചിരിക്കുന്ന എല്ലാത്തിനും എടുക്കുന്നു ഒന്ന് സാമാന്യജ്ഞാനം മറ്റൊരു ഇന്ദ്രിയചല്യമായ വിശേഷജ്ഞാനും മൂന്നാമത്തത് ഇന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ട ഈ രണ്ട് ജ്ഞാനങ്ങളെ ആശ്രയിച്ച് വരുന്ന കർമ്മേന്ദ്രിയങ്ങളെക്കുറിച്ചുള്ള കൊണ്ടുള്ള പ്രവൃത്തി കർമ്മേന്ദ്രിയങ്ങളെ ആശ്രയിച്ചുള്ള പ്രവൃത്തി മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവൃത്തികളും ജീവൻ്റെ മനുഷ്യനെന്ന് പറയാൻ പാടൻ്റെ ഇവിടെ കണ്ടിവിടെ ഞാൻ പറഞ്ഞല്ലോ കഥാപാത്രങ്ങളും മനുഷ്യർ മാത്രമല്ല എല്ലാ തരത്തിലുള്ള പ്രവൃത്തികളും കർമ്മേന്ദ്രിയങ്ങളെ ആശ്രയിച്ചിട്ടാണ് അതിന് ആധാരമായിരിക്കുന്ന എന്താണ് ജ്ഞാനം അറിവ് അപ്പോൾ ഇതിനെല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് പറയുകയാണ് എല്ലാം ജപ്തിസ്വരൂപമാണോ എല്ലാ അറിവാണോ എന്ന് പറയുന്നത് സത്തയാണെന്നും നേരത്തെ പറഞ്ഞു ആനന്ദമാണെന്നും ഇനി പറഞ്ഞു അപ്പൊ സച്ചിതാനന്ദം ഇതെല്ലാം സച്ചിദാനന്ദമാണോ എന്നുള്ള ഇതിൻ്റെ വാസിഷ്ടത്തിൻ്റെ സിദ്ധാന്തത്തെ ആദ്യമേ പറയുകയാണ് ഇനി മുമ്പോട്ട് പറഞ്ഞു വരുമ്പോൾ മായയും മറ്റ് വിഷയങ്ങളുമെല്ലാം വരും അത് ഇനി വരുന്ന ഭാഗങ്ങളിൽ അത് ചുരുക്കി പറയുമ്പോൾ എന്ത് പറയും ഇതെല്ലാം ഒരു ഇന്ദ്രജാലം പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അറിവാണ് അറിവിൽ ഒരു ഇന്ദ്രജാലമാണ് ഇതാണ് നിന്റെ ചുരുക്കം അപ്പൊ അറിവിനെ മുൻനിർത്തി ചിന്തിക്കുമ്പോൾ ഒരാൾക്കത് ബോധ്യപ്പെടണം ഇതൊരു ഇന്ദ്രജാലം പോലെയാണ് ഇന്ദ്രജാലം പോലെയാണെന്നല്ല ഇന്ദ്രജാലമാണെന്ന് തന്നെ പറയും അത് മനസ്സിലാക്കി തരാൻ വേണ്ടി ഇന്ദ്രജാലത്തെ ഉദാഹരണമായിട്ടെടുത്തിട്ട് ഇത് ഒരു ഇന്ദ്രജാലമാണ് എന്ന് തന്നെ പറയും സ്വപ്നം പോലെ ഇന്ദ്രജാലം പോലെ അതുകൊണ്ടിവിടെ പറയുന്നു ദ്രഷ്ട പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള ഈ അറിവിന് അറിവോടുകൂടിയിരിക്കുന്നവൻ ദർശനം ആ അറിവ് ഇന്ദ്രിയജന്യമായ അറിവ് ദൃശ്യഭൂ ദൃശ്യമായി ഭവിച്ചിരിക്കുന്നത് ഇന്ദ്രിയ വിഷയമായി ഭവിച്ചിരിക്കുന്നതല്ല ഇതെല്ലാം എന്താണോ ജപ്തിയാജ്ഞന ഇതെല്ലാം അറിവ് തന്നെയാണ് ഇവിടെ അറിവ് അറിയുന്നവൻ അറിവിൻ്റെ വിഷയം എന്നിങ്ങനെ മനുഷ്യൻ്റെ അനുഭവത്തിനും ശാസ്ത്രങ്ങളിലും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു പിരിക്കാൻ സാധ്യമല്ല അനുഭവത്തിൽ പിരിക്കാൻ സാധ്യമല്ല അനുഭവത്തിൽ എന്താണോ അത് തന്നെയാണ് എന്നാണ് ഈ പിരിവെല്ലാം ഇപ്പോൾ എങ്ങനെയാണ് വരുന്നത് യുക്തി കൊണ്ടാണ് പിരിക്കുന്നത് നമ്മൾ ചിന്തിച്ച് യുക്തി വിചാരം ചെയ്ത് പിരിച്ചെടുക്കുകയാണ് അനുഭവത്തിൽ എന്താണോ അത് അനുഭവം തന്നെയാണ് അതിനൊരു ഭേദമുണ്ട് അതുകൊണ്ട് ദൃശ്യമായി ഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്ന നേരത്തെ സാമാന്യമായി ന്യേയം എന്ന് പറഞ്ഞത് ഇവിടെ എന്ന് ദൃശ്യമായി ഭവിച്ചിരിക്കുന്നു അതും ജ്ഞാനസ്വരൂപമാണ് അതുപോലെ കർത്ത ഹേതു ക്രിയ ഇത് കർമ്മേന്ദ്രിയങ്ങളെ ആശ്രയിച്ച് മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തികളും മനുഷ്യൻ്റെ എന്നുള്ള നമ്മുടെ സാധാരണ ശീലം കൊണ്ട് ഞാൻ പറയുന്നതാണ് എല്ലാ ജീവികളുടെയും പ്രവർത്തിക്കുന്നുണ്ട് ഒരു കർത്താവുണ്ട് പ്രവർത്തിക്കുന്നവനുണ്ട് േതു ഹേതു എന്ന് പറയുന്ന ആ എല്ലാ പ്രവൃത്തികൾക്കും ഫലമുണ്ട് ആ ഫലത്തിൻ്റെ കാരണങ്ങളെയാണ് ഹേതു എന്ന് പറയുന്നത് അത് കർത്താവ് മാത്രമല്ല കാരണം ശാസ്ത്രങ്ങളിൽ പറയും സഹകാരി കാരണങ്ങൾ സാധാരണ കാരണം നിമിത്ത കാരണം അങ്ങനെ നിരവധി കാരണങ്ങളുണ്ട് ഇപ്പോൾ കർമ്മം ചെയ്താൽ ഫലമുണ്ടാകുന്നതിലൂടെ ഏകകാരണവാദം അദ്വീതത്തെ സ്വീകരിക്കുന്നില്ല അതായത് ഒരേ ഒരു കാരണമേ ഉള്ളൂ അതിൽ നിന്ന് ഫലമുണ്ടാകും അങ്ങനെ ഏക കാരണവാദം സ്വീകരിച്ചു കഴിഞ്ഞാൽ വരുന്ന ദോഷം എന്താണോ ഫലങ്ങളെല്ലാം ഒന്നുകൊണ്ടിരിക്കും ഫലങ്ങളിൽ എന്തുകൊണ്ട് കാരണം എണ്ണമറ്റ കാരണങ്ങളാണ് അപ്പോൾ അതിനാണ് ഹേതു എന്ന് പറയുന്നത് അപ്പോൾ കർത്താവിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹേതു ഫല കാരണങ്ങൾ നിരവധി പിന്നെ കർത്താവിന് പ്രാധാന്യമുണ്ട് കാരണം ജീവന്മാരും ഓരോരുത്തരും കർത്തൃത്വ അഭിമാനത്തോടുകൂടിയിരിക്കുന്നവരാണ് ഞാൻ ചെയ്യും എന്നുള്ള കർത്തൃത്വ അഭിമാനത്തോടുകൂടിയിരിക്കുന്നു അപ്പോൾ കർത്താവിന് പ്രാധാന്യം കൊടുക്കണം അതിനെ പരിഗണിക്കണം പല രൂപത്തിലിരിക്കുന്നു ദേവന്മാരും മനുഷ്യരും പ്രാണികളും എല്ലാവരും കർത്താക്കളാണ് പ്രവർത്തിക്കുന്നവരാണ് കർമ്മേന്ദ്രിയങ്ങളെ ആശ്രയിച്ചാണ് പ്രധാനമായ പ്രവൃത്തി അതിൻ്റെ കാരണങ്ങൾ പിന്നെ ആ പ്രവൃത്തികൾ നാനാതരത്തിലുള്ള പ്രവൃത്തികൾ ലൗകികമായ പ്രവൃത്തികൾ വൈദികമായ പ്രവൃത്തികൾ നിരവധി പ്രവൃത്തികൾ ഇതെല്ലാം യസ്മാ ഏതെങ്കിലാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് യുസ്മാണ് ഇവിടെ അപാദനാർത്ഥത്തിലല്ല പഞ്ചമീനാണ് ഏതെങ്കിലാണോ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊന്നിലാണോ അറിവിലാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടത് ഇതെല്ലാം അറിവ് തന്നെയാണ് അറിവിൽ സംഭവിക്കുന്നതെല്ലാം അറിവ് തന്നെയാണ് അപ്പോൾ സാമാന്യമായ സർവപ്രാണികളുടെ ജ്ഞാനവും ഞാതൃത്വവും ജ്ഞേയവും അതുപോലെ ഇന്ദ്രിയജന്യമായ അറിവും അറിയുന്നവനും അറിയുന്ന വിഷയങ്ങളും പിന്നെ എല്ലാ പ്രാണികളുടെയും കർമ്മവും പ്രവർത്തിക്കുന്നവനും ഫലത്തിൻ്റെ നിമിത്തങ്ങളും എല്ലാം ഏതെന്തിനാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതറിവാണോ ആ അറിവിൻ്റെ നമസ്കാരം എന്നാണ് സാധാരണ മംഗളാചരണം ചെയ്യുമ്പോൾ പൊതുവെ ദേവതകളെ നമസ്കരിക്കുകയാണ് ഇവിടുത്തെ ദേവത എന്ന് പറയുന്ന അറിവ് തന്നെ അറിവിനെ തന്നെ ദേവതയായി എടുത്തുകൊണ്ടും മംഗളാചരണം ചെയ്യണം സത്യം ജ്ഞാനം ആനന്ദം സച്ചിദാനന്ദ അതിലേറ്റവും പ്രാധാന്യം വരുന്നത് ജ്ഞാനത്തിനാണ് അപ്പോൾ ഇതുവരെ വിശദീകരിച്ച് പ്രധാനമായും ജ്ഞാനമാണ് പിന്നെ ജ്ഞാനത്തോട് ഒരിക്കലും പിരിയാതെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് സത്ത അതുകൊണ്ട് സത്തയും ജ്ഞാനത്തോട് ചേർത്ത് വിശദീകരിച്ചു സത്തയും ജ്ഞാനത്തെയും വരുത്തിരിക്കാൻ പറ്റത്തില്ല അത് അഭിന്നമായിട്ട് അനുഭവപ്പെടുന്നു ി ആനന്ദം ആനന്ദം എന്ന് പറയുന്നത് ഈ സത്തയും ജ്ഞാനവും പോലെ ജ്ഞാനത്തോട് ചേർന്നാണ് ഇരിക്കുന്നതെങ്കിലും ആനന്ദ അനുഭവത്തിലൂടെ പ്രതിബന്ധങ്ങൾ ഒരുപാടും അത് സർവസാധാരണമായിരിക്കുന്നില്ല ആനന്ദം ജ്ഞാനം എന്ന് പറയുന്നത് സുലഭമാണ് ഞാനും അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല പിന്നെ ജ്ഞാനത്തോട് ചേർന്നാണോ സത്ത അനുഭവപ്പെടുന്നത് ചിന്തിച്ചാൽ മനസ്സിലാവും ആനന്ദം അങ്ങനെയല്ല അന്വേഷിച്ചാലും കണ്ടെത്തത്തില്ല ചിന്തിച്ചാലും പിടികിട്ടത്തില്ല എന്നാൽ ഇതിൽ നിന്ന് പിരിക്കാൻ വയ്യാത്തുള്ളൂ അത് ഇതിൻ്റെ സ്വരൂപം തന്നെ ഇവിടെ എന്താണോ ഇത് ഇതിനാണ് സിദ്ധാന്തം എന്ന് പറയും സിദ്ധാന്തം എന്ന് പറയുമ്പോൾ ഒരു സാധാരണ നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന തീറി എന്നുള്ള രീതിയിലാണ് ആ രീതിയിലൂടെ സിദ്ധാന്തമൊന്നും എൻ്റെ വ്യാഖ്യാതാക്കളൊക്കെ തീറി എന്ന് എഴുതി വയ്ക്കും വ്യത്യാസം തീറി എന്ന് പറയുന്നത് ഒരു ആത്യന്തികമായ സത്യമുണ്ട് അത് പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചു കഴിഞ്ഞാൽ തെറ്റാണെന്ന് സമർത്ഥിക്കാത്തിടത്തോളം കാലം അത് ശരിയാണ് അങ്ങനെ പറയാൻ പറ്റും സിദ്ധാന്തം അങ്ങനെയല്ല സിദ്ധാന്തം എന്ന് പറയുന്നത് അത് അനുഭവസിദ്ധമായൊരു കാര്യമാണ് ആരാണോ ആ സിദ്ധാന്തത്തെ സ്വീകരിച്ചിരിക്കുന്നത് അവരെ സംബന്ധിച്ച് അനുഭവസിദ്ധമായ കാര്യമാണ് അതിന് മാറ്റം വരുന്ന പ്രശ്നമേ കുതിക്കുന്നില്ല ആത്യന്തികമായ സത്യമാണ് ാണ് സിദ്ധാന്തത്തിൽ പ്രത്യേക ഈ പറയുന്നതൊക്കെ സിദ്ധാന്തമാണ് അപ്പോ കേൾവി കാരണം ചിലപ്പോ സംശയം ഉണ്ടാവും സിദ്ധാന്തമാണെങ്കിലും പക്ഷെ പറയുന്നതാണ് സംശയം പറയുന്ന ആളിനെ എന്തുകൊണ്ട് സംശയമില്ല അത് അയാളുടെ അനുഭവം സിദ്ധമായ കാര്യം അപ്പൊ അത്തരം സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ് സിദ്ധാന്തമായി ഒരാൾ അതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ അയാളുടെ സംശയം അർത്ഥം ഇതൊരാളുടെ അനുഭവ സിദ്ധമായ കാര്യം പറയും അതുകൊണ്ടാണ് സിദ്ധാന്തമായത് ആ ഇല്ല അതാ പറയുന്നു അത് പറയുന്ന ഇത്രയുള്ളൂ ആനന്ദവിതിൻ്റെ സ്വരൂപമാണെങ്കിലും അതിനെ അനുഭവിക്കുന്നതിന് പ്രതിബന്ധങ്ങളുണ്ട് അതെ പിന്നെ ഉദാഹരണം പറയാം ആദിത്യൻ വളരെ ആകാശമദ്യത്തിൽ ജ്വലിച്ചു നിന്നാലും നമ്മുടെ കൺപോളം കൊണ്ട് തന്നെ ചെയ്യും മറച്ചുകള മറച്ചുകള ആദിത്യല്ലെന്ന് പറയാൻ പറ്റും അതുപോലെയാണ് ആനന്ദത്തിൻ്റെ പ്രത്യേകത അത് എന്താ ആനന്ദത്തിന് മാത്രം ഇങ്ങനെ ഒരു കുഴപ്പം പറ്റിയത് പറയും അത് ജീവൻ്റെ കർണങ്ങളുടെ ഒരു വിശേഷതയാണ് ജീവൻ്റെ കർണങ്ങളെല്ലാം എന്താ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണോ ഈ ആനന്ദത്തെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണോ നമ്മുടെ കൺപോള എപ്പോഴും എന്തിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏസമയം പ്രകാശത്തെ മറയ്ക്കാനാണ് നമ്മൾ അറിയുന്നില്ല എന്നുള്ള വേഗത്തിലത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും പ്രകാശത്തെ മറച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇമ പെട്ടെന്ന് അതുപോലെയാണ് എന്ത് ചെയ്യുന്നു ആനന്ദം എന്ന് പറയുന്നത് സദാസ്ഫരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മുടെ കർണങ്ങൾ അതിനെ സൃഷ്ടിയുടെ ഒരു വൈചിത്ര്യം അതങ്ങനെ അന്വേഷിച്ചന്വേഷിച്ച് പോയാൽ ഇവിടെ ചെന്നെത്തും എവിടെ എത്തും മായിലെത്തിച്ചേരും മായയുടെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് ഇപ്പം ജ്ഞപ്തി അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സംശയമുണ്ട് സർവസാധാരണമായ അറിവ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പറയുന്ന രീതിയിൽ നമുക്ക് അനുഭവം തന്നെയുള്ളൂ അറിവ് ഉണ്ട് പക്ഷെ പറയുന്ന രീതിയിൽ സർവത്തെയും ഞപ്ത്യാത്മാ അറിവിന്റെ സ്വരൂപമായി നമുക്കങ്ങോട്ട് ബോധിക്കാൻ പറ്റുന്നില്ലെന്നേ അത് വാസിഷ്ടം കഴിയുമ്പം ബോധിച്ചോളൂ വാസിഷ്ടത്തിൽ അതാണ് പറയുന്നത് വാസിഷ്ടത്തിൽ അത് ബോധിപ്പിക്കുന്നതെല്ലാം അറിവാണ് ഒരാൾ അതൊക്കെ അത് ബോധിച്ചേ മതിയാവും എന്നാൽ ആനന്ദത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ആനന്ദത്തിൻ്റെ കാര്യത്തിൽ ഈ പ്രശ്നമുണ്ട് അതിന് നിരന്തര തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ആനന്ദം ഒരിക്കലും അജ്ഞേയമായ ഒന്നല്ല സത്തനെ പോലെയും ചിത്തിനെ പോലെയും അതും നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഒന്ന് തന്നെ അതാണ് പറയുന്നു ജ്ഞാതം തധാേം ദ്രഷ്ടർശനദിഭു കേതു കിയാ തസ്മൈ ഞത്മന സ്ഫുരന്ത് സീകരാ യനന്ദം അവനോ ജീവനം തസ്മൈ ബ്രഹ്മാനന്മന ബ്രഹ്മം വന്നല്ലോ ബ്രഹ്മമില്ല എന്ന് പരാതിയായിരുന്നു ബ്രഹ്മം വന്നു അവിടെ നേരത്തെ ജപ്ത്യാത്മനെ എന്ന് പറഞ്ഞു ഇവിടെ ഇപ്പോൾ ആനന്ദാത്മനെ എന്ന് പറഞ്ഞു ആനന്ദം എന്ന് പറയുന്നത് ബ്രഹ്മ സ്വരൂപമായ ആനന്ദമാണ് എന്നാണ് അതിൻ്റെ പ്രത്യേകത എന്താണ് ആനന്ദസ്യ സ്വീകരാഹ യസ്മാത് സ്ഫുരന്തി ആനന്ദത്തിൻ്റെ സീകരം കണങ്ങൾ നമുക്ക് നല്ല ചൂടുള്ള സമയത്ത് സമുദ്രത്തിൻ്റെ തീരത്തിരുന്നാൽ സമുദ്രത്തിൽ നിന്ന് വരുന്ന കാറ്റ് നമുക്ക് നല്ല തണുപ്പ് തണുത്ത ഒരു അനുഭവത്തെ ഉണ്ടാകും എന്തുകൊണ്ടാണ് അവിടെ സമുദ്രജലത്തിൻ്റെ സൂക്ഷ്മഗണങ്ങൾ ആ കാറ്റിലൂടെ നമ്മുടെ ദേഹത്ത് പതിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കാറ്റിലൂടെ വരുന്ന ആ ജല സൂക്ഷ്മഗണങ്ങളെയാണ് സ്വീകരങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ ഈ ആനന്ദസ്വരൂപമായ ബ്രഹ്മത്തിൻ്റെ ബ്രഹ്മെന്ന് പറയുന്ന ആനന്ദ സമുദ്രമാണ് അതിൽ ഈ മായയാകുന്ന കാറ്റ് വീശി അതിലൂടെ വരുന്ന ആനന്ദ സ്വീകരങ്ങൾ നമ്മൾ അനുഭവിക്കുന്നതാണ് നമുക്ക് സുഖം തോന്നുന്നു എപ്പോഴും ഏത് സമയം ഏതിലും അപ്പോൾ ആ കാറ്റ് അനുകൂലമായി വീശിക്കൊണ്ടിരിക്കണം അല്ലേ മായാ സമുദ്ര ആനന്ദ സമുദ്രത്തിലെ മായാ കാറ്റിൽ നമ്മൾ കരയിലിരിക്കുമ്പോൾ അത് നമുക്ക് അഭിമുഖമായി നമുക്ക് അനുകൂലമായി വീശിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ആനന്ദ കണങ്ങൾ അനുഭവിക്കാൻ പറ്റും അത് അതൊരു പൂർണ്ണമായ ആനന്ദം എന്ന് പറയാൻ പറ്റും പറ്റത്തില്ല പക്ഷേ ചില സമയം ചെയ്യുകയും ഈ മായ കാറ്റ് എങ്ങോട്ട് വീശും തിരിച്ചു ഓപ്പോസിറ്റ് വീശും നമുക്കതിനുള്ള ഭാഗ്യമില്ലാതെ വരുമ്പോൾ എന്ന് പറയാം ഭാഗ്യത്തിനൂടെ ഒരുപാട് ചർച്ച ചെയ്യുന്നു ഒരു വലിയ സ്ഥാനം കൊടുക്കുന്നുമുണ്ട് പുരുഷ പ്രയത്നത്തിന് അതിനും കൂടി ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട് നമുക്ക് വിപരീത ദശയിലേക്കാണ് ഈ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആനന്ദം കിട്ടില്ല അപ്പോൾ നല്ല നട്ടുച്ച സമയത്താണ് കടൽ തീരത്താണ് ഇരിക്കുന്നത് കാറ്റില്ലെങ്കിൽ നമുക്ക് ചൂടായിരിക്കും അനുഭവപ്പെടുന്നു അതിനാണ് സംസാര ദുഃഖം എന്ന് പറയുന്നത് സംസാര തീ എന്ന് പറയുന്നതാണ് ആ സംസാര തീയിൽ സംസാര ദുഃഖത്തിൽ തന്നെ ഇതിൻ്റെ ഈ കാറ്റിൽ നിന്ന് ആനന്ദ സ്വീകരങ്ങൾ നമുക്ക് അഭിമുഖമായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെറുതായി സന്തോഷിക്കും അപ്പോൾ ഈ നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഈ ആനന്ദ സ്വീകരം ആനന്ദ കണങ്ങളാണ് ഇഹത്തിലും പരത്തിലും ഈ ലോകത്തിലും പരലോകങ്ങളിലും ഈ ലോകത്തിൽ നമ്മൾ മറ്റ് പ്രാണികൾ ഇഹലോകവാസികൾ പരലോകത്തിലാണെങ്കിലോ ദേവന്മാർ ഋക്ഷന്മാർ ഇന്ദ്രന്മാർ അപ്സരസുകൾ എന്ന് വേണ്ട നിരവധി ജീവി വർഗങ്ങളുണ്ട് ഇവർക്ക് എല്ലാവർക്കും കിട്ടുന്നത് എന്താണ് ഈ ആനന്ദ സ്വീകരമാണ് എല്ലാവർക്കും എങ്ങനെയാണോ അറിവും അസ്തിത്വവും അനുഭവത്തിലിരിക്കുന്ന അതുപോലെ സർവജീവികളുടെയും അനുഭവത്തിൽ ആനന്ദമുണ്ട് കൊണ്ടാണ് ജീവനം എന്ന് വിളിക്കുന്നത് ജീവന് അസ്മിന്നിധി ജീവനം ഇതിലാണ് എല്ലാ പ്രാണികളും ജീവിക്കുന്നത് ജീവൻ ആധാരമായിരിക്കുന്ന എന്താണോ ആനന്ദമാണ് അറിവോ സത്തയോ അല്ല നമ്മുടെ ജീവിതത്തിന് ആധാരമായിരിക്കുന്നത് ആനന്ദമാണ് ആനന്ദമില്ലെങ്കിൽ പിന്നെ ജീവിതമേ ഇല്ല അത് എത്ര കൂടുതലുണ്ടോ എത്ര കുറ കുറവുണ്ടെന്നുള്ളതാണ് പക്ഷേ ജീവിതത്തിന് ആധാരമായിരിക്കുന്നു ആനന്ദം അല്ലെന്ന് ആർക്കെങ്കിലും പറയാനുള്ളോ ആർക്കെങ്കിലും വാദമുണ്ടോ അല്ലാതെ വാദം കാണും എൻ്റെ അളവിൽ എനിക്ക് ജീവിതം സന്തോഷമൊന്നുമില്ല എന്നാലും നീ ജീവിക്കുന്ന എന്തിന് സന്തോഷത്തിൻ്റെ പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയോടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചത്തുകളായി മനുഷ്യൻ പിന്നെ ജീവിക്കാൻ ഉണ്ടാകാന്ന് തോന്നും കടുത്ത നൈരാശ്യത്തിലും വിഷാദത്തിലൊക്കെ പോകുമ്പോൾ മനുഷ്യന് ജീവിതം വേണ്ടെന്ന് തോന്നും അപ്പോൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനാധാരമായിരിക്കുന്ന ആനന്ദം സുഖം സന്തോഷം തന്നെയാണ് പക്ഷേ അത് പൂർണ്ണമായി ആനന്ദ സമുദ്രത്തിൻ്റെ ചെറിയ സ്വീകരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മനുഷ്യന് കിട്ടുന്നതേ ഉള്ളൂ പക്ഷേ അത് തന്നെയാണ് ജീവിതത്തിന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജീവിക്കുന്നത് ആ ആനന്ദം അനുഭവിച്ചുകൊണ്ടും അനുഭവിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ കുറേ നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് ആനന്ദം അനുഭവിക്കാൻ കഴിയാതിരിക്കുക ആനന്ദത്തിൻ്റെ സ്ഥാനത്ത് ദുഃഖം നിരാശ ഇതെല്ലാം വരിക അതൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നാലും ജീവനം എന്ന് പറയുന്നത് ജീവിതത്തിന് ആധാരമായിരിക്കുന്ന ജീവനെ നിലനിർത്തുന്ന ഔഷധം എന്ന് പറയുന്ന ആനന്ദം തന്നെയാണ് അല്ലെങ്കിൽ ജീവിതം നിലനിൽക്കട്ടെ അതാണ് ഇവിടെ പറയുന്നത് അത് മനുഷ്യനെ സംബന്ധിച്ചല്ല പ്രാണികളെ സംബന്ധിച്ചല്ല പരലോക ജീവികളെ സംബന്ധിച്ച് മനുഷ്യൻ ഇവിടെ ഒരുപാട് വൈദിക കർമ്മങ്ങളൊക്കെ ചെയ്ത് അങ്ങോട്ട് പോകുന്നതിന് ആനന്ദം അനുഭവിക്കണം അപ്പം അവിടെ ആനന്ദമാണ് വലിയ വിഷയം അവിടെ ഈ സ്വീകരം ഈ കണങ്ങളെ അനുഭവിക്കാൻ പറ്റും അവിടെ ഇത്രയേ ഉള്ളൂ നമ്മൾ കരയിലിരുന്ന ഈ ആനന്ദ കണങ്ങൾ അനുഭവിച്ച് കുളിർമ അനുഭവിക്കുന്നു അവരെന്താണ് സമുദ്രത്തിലേക്ക് ഇറങ്ങിയെന്ന് മുങ്ങിയിട്ട് അവർ ആ കുളിർമ അനുഭവിക്കുന്നു കരകിയറുമ്പം വീണ്ടും നമ്മളെപ്പോലെ വ്യത്യാസവും ആ ഒരു പരലോകും എന്ന് പറയുന്നത് യസ്മാത് ആനന്ദസ്യ സീകരാഹസ്ഫുരന്തി ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ വളരെ ഇതാണ് വളരെ കൃത്യമായ സ്ഫിരിക്കുക എന്ന് പറയുന്നത് എന്താണ് സ്ഫുരണം ഇവിടെ ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ വാഷ്ഠ ആനന്ദത്തിൻ്റെ കണങ്ങൾ ഉള്ളിൽ സ്ഫുരിക്കുന്നു അങ്ങനെയാണ് എന്നുവെച്ചാൽ എല്ലാവരും വലിയ ആനന്ദത്തിൽ മുഴുകിയിരിക്കണമെന്നൊന്നും പറയുന്നു ചെറിയൊരു സ്ഫുരണം പോലെ സ്ഫുരിക്കുന്നു അത് കിരണങ്ങൾ സ്ഫുരിക്കുന്നു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിലുള്ള ആനന്ദത്തിൻ്റെ ഒരു ചെറിയ അംശം അതേ നമ്മൾ അനുഭവിക്കുന്നത് എന്നാണ് പറയുന്നത് അത് ഏതിലാണോ യസ്മാ ഏതൊന്നിലാണോ പഞ്ചമി ഉപയോഗിച്ചുകൊണ്ട് ഭ്രമിക്കരുത് ഏതൊന്നിലാണോ ഏതൊരാനന്ദ സമുദ്രത്തിലാണോ എന്നും നമ്മളതിൽ നിന്ന് വേറെ നമ്മൾ ആനന്ദ സമുദ്ര സ്വരൂപം തന്നെയാണ് പക്ഷേ അത് പൂർണ്ണമായി അത് അനുഭവിക്കാൻ പറ്റുന്നില്ല പഞ്ചസാരയ്ക്ക് അതിൻ്റെ മധുരം അറിയില്ല എന്ന് പറയും പോലെ നമ്മൾ സ്വയം ആനന്ദ സ്വരൂപന്മാരായിരുന്നിട്ട് നമുക്ക് ആനന്ദത്തെ അനുഭവിക്കാൻ പറ്റുന്നു എന്നാൽ തീരെ അനുഭവിക്കാതിരിക്കുന്നുമല്ല അത് സ്ഫുരിക്കുന്നുണ്ട് അതുകൊണ്ട് അതൊരു പ്രചോദനമായിരിക്കുന്നു കൂടുതൽ ആനന്ദത്തെ അനുഭവിക്കുന്ന ഇവിടെ അമ്പരെ അവനോച്ച അവനോ ഈ ഭൂമിയിൽ എന്ന് വെച്ച ഭൂമിയിലുള്ള ജീവജാലങ്ങളിൽ അമ്പരം വെച്ചാൽ പരലോകം അമ്പരെ വെച്ചാൽ പരലോകത്തുള്ള ജീവികളിലും ഇഹലോക ജീവികളിലും പരലോകജീവികളിലും ഏതൊന്നിലാണോ ആനന്ദ സ്ഫുരണം ഏതൊന്നിൻ്റെ ആനന്ദത്തിൻ്റെ സ്ഫുരണമാണോ സർവരും സ്ഫുരിക്കുന്നത് സർവേഷ ജീവനം എല്ലാവരുടെയും ഈ ജീവിതത്തിന് ആധാരമായിരിക്കുന്നത് ജീവനം എന്ന് പറഞ്ഞാൽ എന്താണ് ജനിക്കുക നിലനിൽക്കുക മരിക്കുക ഇതിനിടയ്ക്കുള്ള കാര്യങ്ങളാണ് ജീവനം എന്ന് പറയും ഈ മൂന്ന് ഇടയ്ക്കുള്ളതാണ് ജീവനം അധികരണാർത്ഥത്തിൽ ജീവപ്രാണഭരണയിലൊട്ട് വന്നതാണ് അപ്പൊ ഏതെങ്കിലാണ് അതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ജനനം നിലനിൽപ്പും മരണം എല്ലാ പ്രാണികളും അതിന് ആധാരമായിരിക്കുന്നത് തസ്മൈ അതെന്താണോ ബ്രഹ്മ ആനന്ദാത്മനെ ആനന്ദസ്വരൂപമായ ബ്രഹ്മമാണ് അതിന് നമസ്കാരം എന്നാണ് ഇപ്പൊ സച്ചിതാനന്ദം എന്ന് പറയുന്ന എന്താണോ ഇവിടെ ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത് അതിന് ഇവിടെ വിശദീകരിച്ചിരുന്നു അപ്പോൾ ഇവിടുത്തെ ഈ പറയുന്നതിന് ഒരു പ്രത്യേകതകളും ഇവിടെ ആനന്ദം എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു അദ്വൈത പ്രക്രിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ആനന്ദം അതെന്താണോ ആനന്ദ സത്വഗുണത്തിൻ്റെ ആണോ അതോ ബ്രഹ്മത്തിൻ്റെ ആനന്ദമാണോ അല്ലെങ്കിൽ തന്നെ അത് എന്താണോ സൗഷയകമാണോ നിർവിഷേകമാണോ അത് അനുഭവയോഗ്യമാണോ അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പല ആചാര്യന്മാർക്ക് പല അഭിപ്രായങ്ങളാണ് എല്ലാവരും ഒരുപോലെയല്ല സ്വീകരിക്കും കാരണം ബ്രഹ്മത്തെ നിർഗുണ പരബ്രഹ്മമായി സ്വീകരിക്കുകയും ആനന്ദത്തെ ഭൂമ എന്നൊക്കെ വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ വ്യാഖ്യാനിക്കും ഭൂമ വൈത്ത സുഖം സ്വാഭാവികമായിട്ടും പലതരത്തിൽ ആനന്ദത്തെ സ്വീകരിക്കും ഇവിടെ അങ്ങനെ ഇവിടെ ആനന്ദം എന്ന് പറഞ്ഞാൽ ആനന്ദം തന്നെയാണ് നമ്മളീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖം തൃപ്തി അത് തന്നെയാണ് ആനന്ദം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതിബന്ധങ്ങളുള്ളതുകൊണ്ടൊരു ലേശമേ അനുഭവിക്കാൻ പറ്റുന്നു പക്ഷേ അത് തന്നെയാണ് ഈ ജീവിതത്തിൻ്റെ ആധാരമായി മനുഷ്യൻ അതിൽ ജീവിക്കുന്നു അതിനു വേണ്ടി ജീവിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് സുഖത്തിന് വേണ്ടിയിട്ടാണ് ഈ ജീവൻ നിലനിൽക്കുന്നത് അസുഖത്തെ പ്രാപിക്കാനാണ് അതിനിവിടെ വലിയ പ്രാധാന്യം കൊടുക്കുന്നു വാധിഷ്ഠത്തിൽ ആനന്ദം പല ഭാഗങ്ങളിലും പറയും രാമൻ ഇതെല്ലാം കേട്ട് വളരെ ആനന്ദ നിർവൃത്തിയിൽ പ്രാപിച്ചു ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പം തന്നെ രാമൻ എന്ത് ചെയ്യുന്നു ആനന്ദ നിർവൃത്തിയെ പ്രാപിച്ചുകൊണ്ട് വധിഷ്ഠനും ആനന്ദ നിർവൃത്തിൽ നിന്ന് ഇതൊക്കെ അപ്പോൾ ആനന്ദ നിർവൃത്തി എന്ന് പറയുന്നതിന് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട് അതാണ് ഇവിടുത്തെ മുക്തി എന്നാൽ അദ്വൈതകൾ പലരും പറയുന്നത് പോലെ എന്താണോ ശുഷ്ക മുക്തിയല്ല താർക്കികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മുക്തിയിൽ ആനന്ദം വരുന്നത് ദ്വൈതമായില്ലേ മുക്തിയിൽ ആനന്ദം വന്നു കഴിഞ്ഞു അപ്പോൾ അവിടെ ദ്വൈതം വരും അപ്പോൾ അത് വരാൻ പാടില്ല അതുകൊണ്ടെന്താണ് പല അദ്വൈതകളും പറയുന്നത് ശുഷ്കമുക്തിയായിട്ടാണ് ഇവിടെ അങ്ങനെയുള്ള താർക്കിക സമസ്യകളൊന്നും ജടില പ്രശ്നങ്ങളൊന്നും ഇവിടെയില്ല ഇവിടെ എന്താണ് നേരിട്ട അനുഭവത്തിലേക്കാണ് പറയുന്നത് അനുഭവം അങ്ങനെയാണ് ആരുടെ അനുഭവം വസിഷ്ഠൻ്റെ അനുഭവം വശിഷ്ഠൻ പറയുക അത് ഇങ്ങനെ ഇവിടെ ഇപ്പം എന്ത് വരും സുധീഷ്ണൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ അഗസ്ത്യോട് അഗസ്തി അവിടുന്ന് നേരെ എന്തെയും അഗ്നിവേശ്യൻ്റെ അടുത്തു കൊണ്ടുപോകുന്നു പിന്നെ അഗ്നിവേശ്യൻ കാരുണ്യൻ അവിടെ നിന്ന് സുരുചി എന്ന് പറയുന്ന അപ്സരസിൻ്റെ അടുത്ത് പോകുന്നു സുരുചി ഇന്ദ്രദുധനുമായിട്ടായി അവിടെ നിന്ന് നേരെ കൽമാഷപാതൻ്റെ അടുത്ത് പോകുന്നു അവിടെ നിന്ന് നേരെ വാൽമീകിയുടെ അടുത്ത് പോകുന്നു വാൽമീകി നേരെ രാമൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു ഞാൻ പറഞ്ഞ എല്ലാവരുടെയും പേരോർമ്മയുണ്ടെന്ന് ഉണ്ടോ ആരൊക്കെ അതെ പിന്നെ അഗസ്ത്യൻ അഗ്നിവേശ്യനും കാരുണ്യനും പിന്നെ പോയി സുരുചി എൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് കഥാപാത്രം വരും അപ്രധാനമാണ് ദേവേന്ദ്രം വരും വേണ്ടി പ്രാധാന്യമുണ്ട് സുരുചിയും ദേവദൂതനും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് അത് കഴിഞ്ഞ് നേരെ വാൽമീകിയുടെ അടുത്തൊന്ന് വാൽമീകിയാണ് നമ്മുടെ എവിടെ കൊണ്ടുപോകുന്നത് രാമൻ്റെ അടുത്ത് രാമനാണ് പിന്നെ അവിടെ നിന്ന് നേരെ വസിഷ്ഠൻ്റെ അടുത്ത് പോകും അപ്പോൾ പുരാണാഖ്യാന ശൈലിയാണ് പുരാണങ്ങൾക്ക് കഥ പറയുന്ന ഒരു രീതിയാണ് അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ തത്വത്തെ പറയുന്നത് ആ കഥാ പറയുന്നത് പുരാണത്തിൻ്റെ ആഖ്യാന ശൈലി ഇതാണ് ഒന്നിത്തൊട്ട് ഒന്നിത്തൊട്ട് കഥകൾ പറഞ്ഞു പറഞ്ഞു കാരണം ഒന്നും വളരെ വളരെ സിമ്പിളാണ് അന്നത്തെ കാലത്ത് സീരിയൽ സിനിമയൊന്നുമില്ല മനുഷ്യന് എന്താണ് കവികളുടെ ഭാവനയിൽ വിടരുന്ന കഥകളിലാണ് മനുഷ്യൻ്റെ എന്താണ് മനുഷ്യന് അഭിരമിച്ചിരുന്നതാണ് കഥകളാണ് അവർക്കിഷ്ടം അപ്പോൾ കഥകൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മനുഷ്യ സമൂഹത്തോട് കഥകളിലൂടെ പറയും ഇത് കവികളല്ലേ കവികളുടെ ഭാവനയ്ക്ക് നമുക്ക് എന്താണ് വേലി കിട്ടാൻ പറ്റുമോ ഇത്രേ ഒരു കഥാപാത്രം മതി രണ്ട് കഥാപാത്രം മതി അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കവിഭാവനയാണ് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചാരാണ് പുരാണമനുസരിച്ച് അത് പറയും ബ്രഹ്മാ കവിരപരോ ബ്രഹ്മാ ആ ബ്രഹ്മാവിനെ സൃഷ്ടിച്ച ആളാണ് കവി മനസ്സിലായത് കവി അപരോ ബ്രഹ്മാ ബ്രഹ്മാവിനെ സൃഷ്ടിച്ച ബ്രഹ്മാവ് അപരൻ ബ്രഹ്മാവിന്റെ അപരനാണ് കവി കവി നിസാരക്കാരനല്ല നമ്മളെല്ലാം വിശ്വസിക്കുന്ന എന്താണ് ഇതിനെ സൃഷ്ടിച്ചത് ബ്രഹ്മാവാണെന്നാണ് പക്ഷെ ബ്രഹ്മാവിനെ സൃഷ്ടിച്ച ഒരാളുണ്ടാരെ അതാണ് കവി അതുകൊണ്ടാണ് പഴയ ആൾക്കാർ തന്നെ പറഞ്ഞാണ് ഞാനിപ്പോൾ പറഞ്ഞൊന്നുമല്ല എൻ്റെ സംസ്കൃതമല്ല പഴയ നമ്മുടെ ആൾക്കാർ തന്നെ പറഞ്ഞ് കവിരപരോ ബ്രഹ്മ ബ്രഹ്മാവിനെ സൃഷ്ടിച്ച അപരനാണ് ആര് കവി അപ്പൊ ആ കവിയുടെ ഭാവന എന്ന് പറയുന്നത് ആൾക്കാർ പഴയകാലത്ത് അതിലിങ്ങനെ അഭിനമിച്ചിരുന്നു ആനന്ദിച്ചിരുന്ന് രസിച്ചിരുന്നു ഈ ഭാവനകളിൽ ഇന്ന് പിന്നെ നമുക്ക് രസിക്കാൻ സീരിയലും സിനിമയൊക്കെ ഉണ്ടല്ലോ അത് അവിടെയും കവികൾ തന്നെയാണ് നമ്മൾ രസിപ്പിക്കുന്നത് അവരുടെ കഥകളിലാണ് നമ്മൾ ഇന്ന് രസിക്കുന്നത് പക്ഷേ അന്ന് അവർ എന്താണ് ഇന്ന് ഇന്ന് അത് രസിക്കുന്നതെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ജീവിതവും സാധാരണ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയുള്ള കഥകളുണ്ടാക്കി അതിന് നമ്മൾ രസിക്കുന്നു ഇന്നങ്ങനെയല്ല അലൗകികമായ ദേവന്മാരെയും ദേവികളെയും യക്ഷന്മാരെയും കിന്നരന്മാരെയൊക്കെ കവിഭാവനയിൽ സൃഷ്ടിച്ചിട്ട് അതിന് മനുഷ്യൻ രസിച്ചിരുന്നു അതാണ് പുരാണാഖ്യാന ചെയ്യൽ അതിനകത്ത് നല്ലതുകൊണ്ട് ചീത്തയുണ്ട് മഹാവൃത്തികേടുകളുണ്ട് നല്ല കാര്യങ്ങൾ എല്ലാം ഉണ്ടല്ല ഒന്നു മാത്രമല്ല അതിന് നല്ലതേ ഉള്ളൂ എന്നൊന്നും ധരിക്കരുത് ഇതിൻ്റെ അകത്ത് തന്നെ വരും പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ ഞെട്ടിപ്പോകുന്ന വൃത്തികേടുകളുമുണ്ട് സെൻസർ ചെയ്ത് പറയേണ്ട ഒരുപാട് ഭാഗങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് എല്ലാം ഉണ്ട് കാരണം എന്താണ് കവികളെ സംബന്ധിച്ച് എത്രയുള്ളൂ മനുഷ്യനെ രസിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവനെ രസിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ രസിപ്പിക്കും അന്ന് സെൻസർ ബോർഡില്ലായിരുന്നു അതുകൊണ്ട് നമുക്കിന്ന് അത് പറയുമ്പോൾ സെൻസർ സെൻസർ ചെയ്യേണ്ടി വരുന്ന പല അത് കവികളുടെ അപ്പോൾ ആ ഒരു ആഖ്യാന പറയുമ്പോൾ ആൾക്കാർക്ക് അന്നത്തെ ഒരു രീതി അനുസരിച്ച് ആയിരം വർഷമെങ്കിലും മുമ്പുള്ള സംഗതിയാണ് കഥകളിലും ആൾക്കാർ താല്പര്യം കാണിക്കും ഇന്ന് നമ്മൾ ഈ സിനിമയും സീരിയലും കാണുന്നതുകൊണ്ട് ഈ കഥയിലൊന്നും നമുക്ക് വലിയൊരു തോന്നത്തില്ല ഇതെന്ത് കഥയെന്ന് നോക്കി കാരണം നമ്മുടെ ആസ്വാദന രീതിക്ക് മാറ്റം വന്നുകൊണ്ടാണ് പഴയ മനുഷ്യന് വേറൊന്നും ഇല്ലല്ലോ മാറ്റി പകരം വയ്ക്കാൻ അവർ ഈ കഥകളിലൊക്കെയാണ് രസിച്ചിരുന്നത് അതിന് മുടുക്കന്മാരായിരുന്നു കവികൾ ആ കഥകളൊക്കെ എന്ത് ചെയ്തു കഥകൾ മനുഷ്യൻ എത്രമാത്രം രസിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മോഹൻലാൽ ഒരു വേഷം കെട്ടി അഭിനയിച്ചു കഴിഞ്ഞാൽ അവസാനം ആ കഥാപാത്രത്തിന് ചെല്ലുന്ന എല്ലാ സൂപ്പർമാനുള്ള എല്ലാ ആരാധനയും മോഹൻലാലിന് കിട്ടുന്നത് പോലെ അവസാന ആൾക്കാരെ ആരാധിക്കുന്നാർ പാവം മോഹൻലാലിന് മോഹൻലാലിന് ആ പറയുന്ന കഥാപാത്രത്തിൻ്റെ എന്തെങ്കിലും സവിശേഷങ്ങളോ ഒന്നുമില്ല കാശ് വായിച്ചിട്ട് അഭിനയിക്കുന്നു ജനം ഇത് മറന്നു ഈ സംഗതി ജനം പൂർണ്ണമായും മറന്നിട്ട് എന്ത് ചെയ്യുന്നു മോഹൻലാലിനെ ആരാധിക്കുകയാണ് എവിടെ മോഹൻലാൽ പോയാലൊക്കെ പുറത്തിറങ്ങാൻ വയ്യാതെയായി ഇതുപോലെയാണ് ഈ കവികൾ സൃഷ്ടിച്ച കഥാപാത്രങ്ങളൊക്കെ പിന്നെ ആരായി അലൗകിക ശക്തികളുള്ള ദൈവങ്ങളായി മാറി എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് പ്രയാസം തോന്നരുത് ഇതി എഴുതിയിരിക്കുന്ന അപ്പോൾ കവികളുടെ വൈഭവമാണവ അവരുടെ ഭാവനകളെ നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കുക ഞാൻ ഏറ്റവും നല്ല ഉദാഹരണം മോഹൻലാലിൻ്റെ ഉദാഹരണം എടുത്താണ് എന്തുകൊണ്ടെല്ലാവരും മോഹൻലാലിനെ ആരാധിക്കുന്നു അയാളുടെ കഥാപാത്രങ്ങളിലൂടെ അയാളൊരു അതിമാനുഷ്യനാണ് കഥാപാത്രങ്ങളിലൂടെയാണ് കാണുന്നത് ഒരു വ്യക്തി എന്നുള്ള രീതിയിലല്ല അത് തന്നെ നമ്മുടെ കവികളുടെയും കഴിവുകളാണ് അപ്പോൾ ഇനി അങ്ങോട്ട് എന്താണ് പുരാണ ആഖ്യാനമാണ് കഥകൾ പറഞ്ഞു പറഞ്ഞു പോകും അതിൻ്റെ ഇടയ്ക്ക് തത്വവും പറയും അപ്പോൾ കഥയിൽ രുചിയുള്ളവർ പഴയ കാലത്ത് ആ കഥാപാത്രങ്ങളെ ഓർമ്മിച്ച് വെച്ചിട്ട് അതിലൂടെ തത്വത്തോറും നമ്മൾ പറയുമല്ലോ ചൂടാലോ ഉപാഖ്യാനം ചൂടാലെന്ന് പറയുന്ന ആ കഥാപാത്രത്തെ ഓർമ്മിച്ച് വെച്ചിട്ട് പിന്നീട് നമ്മൾ പറയുമ്പോഴല്ലേ എന്ന് പറയുക ചൂടാലെ ഇങ്ങനെ പറഞ്ഞത് കഥാപാത്രത്തിലൂടെ തത്വത്തോർക്കും ആ ഒരു രീതിയാണ് ഇതിൽ പിന്തുടക്കുന്നത് ഇതാണ് ഭാഷയുമായിട്ട് പ്രധാനമായ വ്യത്യാസം ഇതുതന്നെ